As-salamu alaykum wa rahmatullahi wa barakatuh Alhamdulillahi rabbil alameen Allahumma salli ala muhammadin wa ala ala muhammad Kama salli ta ala ibrahima wa ala ala ibrahima Inneka hamidun majeed A'udhu billahi minash shaytanir rajim Bismillahirrahmanirrahim പ്രഗൽഭമതികളായക്കളെ ഉസ്താദുമാരെ അഹലുസന്നയുടെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ ഏറ്റവും കാതലായ ഇസ്ലാമിൻ്റെ അഹലുകാരായ മുസ്ലിംകളെ മറ്റെല്ലാ കക്ഷിത്വങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും സുന്ദരമായ തൗഹീദ് എന്ന പരമപ്രധാനമായ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വിനീതൻ ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുദാല ഹ്രസ്വമായ ഈ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറയാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്നത് ചെയ്യുകയാണ് കാലങ്ങളായി ഇസ്ലാമിക സമൂഹത്തിൽ ഉടലെടുത്ത മിക്ക അവാന്തര കക്ഷികളും അവരുടെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ മുസ്ലിംയങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടി വീക്ഷിക്കുകയും ഇസ്ലാമിൻ്റെ ഒറിജിനൽ ശത്രുക്കളെ സ്നേഹവാത്സല്യത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവം എല്ലാ സുന്നത്ത് ജമാൻ്റെ ഇതര കക്ഷികളിലും നമുക്ക് പ്രകടമായി കണ്ടെത്താൻ കഴിയും ഈ വസ്തുതയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബിസല്ലാഹു അലിസ്ലം തങ്ങൾ തന്നെ പറയുന്ന ഹദീസുൽ സഹീഫുൽ ബുഹാരി നമുക്ക് കാണാം യഖ്ദുലൂൻ അഹ്ലിൽ ഇസ്ലാം കക്ഷികളുടെ അജണ്ട തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അനുയായികളെ അവർ കൊലപ്പെടുത്തുകയും ഔസാൻ സാക്ഷാൽ ബഹുദൈവ വിശ്വാസികളെ അവർ മാറ്റി നിർത്തുകയും ചെയ്യുന്നു അവരോട് ശക്തമായ വാത്സല്യം വെച്ചു പുലർത്തുകയും ചെയ്യുന്നു ഇവിടെ ഇതിന് തന്ത്രപരമായ ഒരുപാട് തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ എല്ലാ വിധ ഈ കക്ഷികളും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇസ്ലാമിലെ ആദ്യകാല വിധ കക്ഷികളായ ഹവാരിജുകൾ ആ ഹവാരിജുകൾ സഹാബത്തിനെ കാഫിറാക്കുവാൻ വേണ്ടി ഒതുവില്ല പരിശുദ്ധരായ സഹാബത്തിനെ കാഫിറാക്കുവാൻ വേണ്ടിയാണ് അവർ ചില തത്വങ്ങൾ ഉണ്ടാക്കിയത് വന്ന മൈത്സിനികളെ പരിശോധിച്ചാലും അവർ ഞങ്ങളാണ് തൗഹീദിന്റെയും നീതിത്വത്തിന്റെയും അഹലികാരം അവകാശപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിം തൗഹീദിന്റെ പാന്താവിൽ നിന്ന് അവർ പുറത്തേക്ക് നിർത്തുവാൻ വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി ഞാൻ അധികം തീട്ടി പറയുന്നില്ല ഹിജറ എട്ടാം നൂറ്റാണ്ടിനോടനുബന്ധിച്ച് ഇവിടെ രംഗപ്രവേശം ചെയ്ത സാക്ഷാൽ തോന്നിയ എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാൾ തൗഹീദിനെ വളരെ മോശമായ രൂപത്തിൽ വർഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പാരമ്പര്യ മുസ്ലിമീയങ്ങളെ ഇസ്ലാമിന്റെ പുറത്താക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നാന്തി കുറിച്ചു ആ പ്രവർത്തനം ഒന്നുകൂടി ശക്തമായ അടിത്തറബാകെ കൊണ്ടിവിടെ കൊണ്ടുവന്നത് സൗദിയിലെ നജദിൽ ഉദയം ചെയ്തുകൊണ്ട് അവിടെ തന്നെ ആ പ്രദേശത്തു തന്നെ അന്തരിച്ചുപോയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ ഈ തൗഹീദ് പുതിയ തത്വങ്ങൾ പുതിയ ചിന്താഗതികൾ വെച്ചു ഒരു പ്രസ്ഥാനം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും മുസ്ലിംങ്ങളെ കാഫറാക്കുന്ന പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുകയുണ്ടായി ഈ സന്ദർഭത്തിൽ എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് കൃത്യമായി നമുക്ക് സമർത്ഥിക്കേണ്ടി വരുന്നുണ്ട് ഇസ്ലാമിന്റെ തൗഹീദ്ന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ നമുക്ക് രണ്ടായിട്ട് ഓഹരി വെക്കാൻ കഴിയും മഹാന്മാരായ ഇമാമികളെല്ലാവരും തന്നെ ഇസ്ലാമിനെ രണ്ടായിട്ട് ഓഹരി വെച്ചതായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരൊറ്റ ഒരു ഉദ്ധരന് മാത്രം വായിക്കാം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഉദ്ധരന് വായിക്കാം മഹാനായ ൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ രണ്ട് വിധമാണ് വിശ്വസിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത് അതേതുപോലെ കേൾവിയുള്ളവനാണ് കാഴ്ചയുള്ളവനാണ് തുടങ്ങിയ വിശ്വാസ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് അഥവാ നാം അമിളി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല നിസ്കാരം നോമ്പോ ഹജ്ജിത്ത് പോലത്തെ കാര്യങ്ങളല്ല മറിച്ച് അള്ളാഹു ഒരുവനാണ് അള്ളാഹു ഏകനാണ് മുഹമ്മദ് അള്ളാഹു നിയോഗിച്ച ആളുകളാണ് എന്നിത്യാദി മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു വിശ്വസിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇസ്ലാമിന്റെ ഉസൂൽ എന്ന് പറയുക ഇസ്ലാമിനെ വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുക ഇസ്ലാമിലെ അക്കായിദുകൾ എന്ന് പറയുക അതിനുവേണ്ടിയാണ് ഇൽമുൽ അക്കായി അല്ലെങ്കിൽ ഇൽമുൽ കലാം നമ്മുടെ ഒരു ശാസ്ത്രമായിട്ട് നമ്മുടെ ഇമാമിങ്ങൾ ഇവിടെ ക്രോഡീകരിച്ചു വെച്ചത് രണ്ടാമത്തതുമായ അമൽ അമൽ ചെയ്യേണ്ടുന്ന അനുഷ്ഠാനങ്ങളാണ് അതിൽ നിസ്കാരം ഉൾപ്പെട്ടു നോമ്പുൾപ്പെട്ടു ഹജ്ജ് ഉൾപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഫുറു ആണ് വിശ്വാസ കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അതിന്റെ ഹുക്കുമുകളെല്ലാം ഇസ്ലാമിന്റെ ഫുറു ഞാൻ ഒരറ്റ ഒരു ഒരു ഉദ്ധരന് കൂടി തൽസംബന്ധമായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വിശ്വസിക്കൽ മാത്രം അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ সম্বন্ধেയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന മൗലിക ആശയങ്ങൾ എന്ന് പറയുന്നത്. ഏതുപോലെ അതിന്റെ ഉദാഹരണമാണ് തഖൗലിനാ അല്ലാഹു ഖാദിറുൻ അല കുള്ളി മുംകിൻ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിച്ചവൽ ഇസ്ലാമിന്റെ മൗലികമായ ഒരു അടിത്തറയാണ്. അതേ സമയത്തെ ഹാദാ ഇഹ്തിറാസൻ അമ്മാ യഖസ്ദു ബിഹി അമൽ അനുഷ്ഠിക്കപ്പെടേണ്ട കാര്യങ്ങളെ തൊട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആ വിഷയം ഇസ്ലാമിന്റെ ശാഖാപരമായ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം എന്താണ് എന്ന് പറയുന്നത് ഇതിൽ എവിടെയാണ് ഉൾപ്പെടുക ഈ ഇസ്ലാമിന്റെ മൗലികമായ തത്വത്തിലാണോ ഇസ്ലാമിന്റെ ശാഖാപരമായ വശത്തിലാണോ തൗഹീദ് ഉൾപ്പെടുക ചിന്തിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം അതിൽ ചില തെറ്റിദ്ധാരണകൾ പലപ്പോഴും പല ആളുകളും വെച്ച് പുലർത്തുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊന്നുകൂടി മനസ്സിലാക്കുക ഇസ്ലാമിന്റെ ഉസൂൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾ എന്ന് പറയുന്നത് അക്രീത നിർബന്ധമായ കാര്യങ്ങളാണ് അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇസ്ലാമിന്റെ സുറു എന്ന് പറയുന്നത് സഖാത്ത് കുടുക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആ ഒരു മസല ഉദാഹരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൾ തന്റെ നിബ്രാസിൽ ഉദ്ധരിച്ച ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത് അത് ഇസ്ലാമിന്റെ ശാഖാപരമായ മസലകളിൽ പെട്ടതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹിന്റെ കിതാബുകളിൽ പറയപ്പെടുന്ന എല്ലാ ഇമാമിയങ്ങൾ എല്ലാവരും പറഞ്ഞു രേഖപ്പെടുത്തിയ ഇസ്ലാമിന്റെ മൗലികമായ ആ ഭാഗത്താണ് ഉൾപ്പെടുന്നത് എന്ന് ഒരിക്കലും തന്നെ നമ്മൾ മനസ്സിലാക്കി പോകാൻ പാടില്ല ഇത് നമ്മൾ മനസ്സിലാക്കുക ഈ തൗഹീദ്ന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഉസൂലുദ്ദീൻ ഇസ്ലാമിന്റെ അഥവാ ഇസ്ലാമിന്റെ പരമപ്രധാനമായ അതിന്റെ മൗലികമായ ആശയമാണ് ഈ തൗഹീദ്ന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് ഇസ്ലാമിന്റെ തൗഹീദ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാമിന്റെ തൗഹീദിനെ സംബന്ധിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളുടെ ഒരുപാട് തെറ്റായ നിർവചനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ വഹാബി പ്രസ്ഥാനക്കാരും മൗദൂദി പ്രസ്ഥാനക്കാരും പ്രബല്യ ഉപ്രസ്ഥാനക്കാരും വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് ഈ സന്ദർഭത്തിൽ എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയുകയുണ്ടായി ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അപ്പൊ അക്കീദയിലാണ് തൗഹീദ്ണ്ടാവുക അക്കീദയിലാണ് തൗഹീദ്ണ്ടാവുക അല്ലാതെ നമ്മുടെ വാക്കുകളെ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ അല്ല തൗഹീദ്ന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് ചെയ്യാനുള്ള കാര്യമല്ല ഇവിടെ എന്ന് പറഞ്ഞു ഈ അള്ളാ എന്ന് പറയുന്ന ആ പറച്ചിലിനെ പറ്റിയല്ല തൗഹീദ് എന്ന് പറയുന്നത് മറിച്ച് തൗഹീദി എന്നുള്ളതിന്റെ നമ്മുടെ അതിന്റെ പരിഭാഷ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏകദൈവ വിശ്വാസം ആശയമാണ് അപ്പോൾ എന്താണ് അള്ളാഹു കൃത്യമായി പറഞ്ഞു എല്ലാ അംബിയാക്കളും എല്ലാ അമ്പിയാക്കളും ഒരുപോലെ നമുക്ക് പഠിപ്പിച്ചു തന്ന ലാ ഇല്ലയാകുന്നു പറയുന്നത് ഈ ലാ ഇലാ അതിന്റെ വിശദീകരണം ഒന്നുകൂടി വിസ്തൃതമായി വിശദീകരിക്കുന്ന ഒരു കൊച്ചു സൂറത്താണ് സൂറത്ത് ഇഹ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ എന്ന് പറയുന്ന സൂറത്ത് പിന്നെ അള്ളാഹു പറയുകയാണ് അള്ളാഹു സമതുഹു അവനാണ് മറ്റൊരാളിലേക്ക് ആശ്രയിക്കാത്തവൻ എന്താണ് സമതു എന്ന് പറയുന്നത് മഹാന്മാരായിരിക്കുന്ന മുഫസരിയങ്ങൾ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അല്ലാമിൽ അള്ളാഹു അനുഭവിച്ച ഒരു തസീർ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മഹാനവറുകൾ പറയുകയാണ് قال الى ابي طلحة عن ابن اباس رضي الله عنهما ابن اباس رضي الله عنه سيد المفسرين ابن اباس رضي الله عنه عند تفسيران عن واي konuşم يندان السمدين نبر نال الله سمدان النبر نال عندان السمدين نبر ندي هو السيد الذي قد كمل في سودهه والشريف الذي قد كمل في شرفه وال... والعظيم الذي قد كمل في عظمته والحليم الذي قد كمل في حكمه والعليم الذي قد كمل في علمه والحكيم الذي قد في... آ... فقد... آ... كمل في قد كمل في حكمته يلا ارتتلوم اد ارويلاوटे आ सूत्रनतलावटे हिल्मलावटे അല്ലെങ്കിൽ കഴിവിലാവട്ടെ കേൾവിയിലാവട്ടെ അറിവിലാവട്ടെ എല്ലാ കാര്യത്തിലും ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവൻ യജമാനത്വത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൻ ആ അവസ്ഥയെ സംബന്ധിച്ചാണ് സമത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമത് അങ്ങനെയുള്ള പരാശ്രയത്മില്ലാത്തവൻ അങ്ങനെയുള്ളവൻ അത് അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കലാണ് അതാണ് സൃഷ്ടിയും ഇവിടെ ഇല്ല അള്ളാഹു ഒന്നിനെ അള്ളാഹുപിച്ചിട്ടില്ലാഹു മറ്റൊന്നിൽ നിന്ന് ഉൽപാദിതനുമല്ല അള്ളാഹു പ്രസവിക്കപ്പെട്ടിട്ടുമില്ല അള്ളാഹുവിന്റെ വിശേഷണങ്ങളെപ്പോലെ വിശേഷണങ്ങൾ മറ്റാർക്കുമില്ല അല്ലാഹു ചെയ്യുന്ന പ്രവൃത്തിയെപ്പോലെ മറ്റൊരു പ്രവൃത്തിയുമില്ല ഇവിടെ അള്ളാഹുവിന്റെ വിശേഷണം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ സാധാരണക്കാർക്കിടയിൽ കവലകൾ തോറും തെറ്റിദ്ധാരണ പരത്തുന്ന ചില വിശദീകരണങ്ങളുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അകലെ നിന്ന് കേൾക്കുക എന്നതാണ് അള്ളാഹുവിന്റെ വിശേഷണം അകലെ നിന്ന് കേൾക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്റെ ശബ്ദം ഈ മൈക്ക് ഈ മൈക്ക കൂടാതെ ഈ പന്തലിന്റെ അകലെ കേൾക്കാൻ കഴിയില്ല ഇവിടെ അടുത്തുള്ള തന്നെ ഒരു ഇത്തിരി മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ അപ്പോൾ പന്തലിന്റെ അകലേ ഉള്ള ആളുകൾ സ്പീക്കർ ഉപയോഗിക്കാതെ എന്റെ ശബ്ദം കേട്ടു എന്ന് വരികയാണെങ്കിൽ അത് പറച്ചോനായി മാറി കാരണം അകലെ നിന്ന് കേൾക്കാൻ പറച്ചോന് മാത്രമേ കഴിയുള്ളൂ അപ്പൊ അകലെ നിന്ന് കേൾക്കലാണ് പറച്ചോന്റെ വിശേഷണം ആ വിശേഷണം സൃഷ്ടികൾക്ക് കൊടുക്കലാണ് സിർക്കെന്ന് പറയുന്നത് ഇത് തെറ്റാണ് മഹാനായിരിക്കുന്ന ഇബനിക്ക് സിറിയാഹു അനുഹു ഈ ആയത്തിൽ പറഞ്ഞത് എന്താ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് എന്താണ് അകലെ നിന്ന് കേൾക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സമതീയത്ത് അതാണോ അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തത അള്ളാഹുവിനു എന്ത് അകലവും അടുപ്പവുമാണുള്ളത് ഞാൻ നിങ്ങളോട് അടുപ്പമുള്ളവനാണെന്നൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു അതിന്റെ അർത്ഥം അള്ളാഹു കൊണ്ട് നമ്മളടുത്തുണ്ട് എന്നല്ലല്ലോ മറിച്ച് അള്ളാഹുവിന്റെ റഹിമത്തും അള്ളാഹുവിന്റെ അറിവും ആ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുആാല നമ്മളോട് സാമീപ്യം പുലർത്തുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം സകല വിസയങ്ങൾ അത് അപ്പോൾ <Maangateur> ീ ഒരു തെറ്റായ ഒരു വിശദീകരണം സമർപ്പിച്ചുകൊണ്ട് ഒരാൾ ഇവിടുന്ന് വിളിക്കുന്നു ഒരാളെന്നല്ല ഇസ്ലാമിക സമൂഹം മുഴുവൻ വിളിച്ചു എന്താ വിളിച്ചത് അബ്ദൽ എന്ന് വിളിച്ചു ബഗദാദിൽ കിടക്കുന്ന കേട്ടെന്നാൽ അപ്പോൾ അത് അകലെയായല്ലോ അകലെയാകുമ്പോൾ അത് പറച്ചവനായി കാരണം അകലെ നിന്ന് കേൾക്കലാണ് പറച്ചവന്റെ സവിശേഷത ഇത് തെറ്റായ വിശദീകരണമാണ് ഇങ്ങനെയല്ല അള്ളാഹുവിന്റെ സിഫ്യത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടത് മറിച്ച് കവി പറഞ്ഞതുപോലെ എന്താണ് ആത്യന്തികമായിട്ട് സ്വതന്ത്രമായി കേൾക്കുക സ്വതന്ത്രമായി കാണുക സ്വതന്ത്രമായ ജീവിതം സ്വതന്ത്രമായ നിലനിൽപ്പ് എല്ലാത്തിലും സ്വതന്ത്രതയുണ്ടായിരിക്കുക സ്വയം പര്യാപ്തനാവുക സമതീയത്തുണ്ടാവുക ഇതാണ് അള്ളാഹുവിന്റെ സിഫാത്തിന്റെ ആകത്തുക മാത്രമല്ല ഈ സൂറത്തുൽ ഇഹ്ലാസ് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഇഹ്ലാസ് വിശദീകരിച്ചുകൊണ്ട് അതിലുള്ള മുഴുവൻ ആയത്തുകളെയും എല്ലാ വിശദീകരണങ്ങളും സമർപ്പിച്ചുകൊണ്ട് ിൽ പറയുന്ന ഒരു ഉദ്ധരണി വളരെ കൃത്യമായിട്ട് എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ ശ്രോതാക്കൾ മനസ്സിലാക്കണം എന്താണ് പറയുന്നത് അർത്ഥ ഗർഭങ്ങളായും ഒരുമിച്ച് കൂട്ടുന്നുണ്ട് എന്താണ് വാചകം ഒരുമിച്ച് കൂട്ടുന്നുണ്ട് ആശയത്തിന്റെ വിശദീകരണവും അതിന്റെ ആകത്തുകയുമാണ് ഹൂവ കൗലുക്കല്ലാ ഇരാഹ ഇല്ലല്ലാ ലാ ഇരാഹ ഇല്ലല്ലാ എന്നുള്ളത് തൗഹീദിന്റെ ആകത്തുകയാണ് അതിനെ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇമാമിയങ്ങളും എല്ലാ ബുദ്ധിമാന്മാരും ഒന്നടങ്കം രേഖപ്പെടുത്തിന്റെ വചനമെന്ന് എല്ലാ ബുദ്ധിജീവികളും ഒത്തംഗീകരിച്ചിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിഭാഗം ആളുകളും ഇതിൽ അമ്പിയാക്കൾക്കിടയിൽ തർക്കമില്ല അതല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിൽ തർക്കമില്ല പഴയകാല ശരീരത്തുകളും പിറകെ വന്ന ശരീരത്തുകളും തമ്മിൽ ഇഭിഷേകമായിട്ട് തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് തൗഹീദിനെ നിർവചിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തൗഹീദിനെ നിർവചിച്ചുകൊണ്ട് നീ പറയുന്ന അകലെ നിന്ന് കേൾക്കുന്നവൻ അള്ളാഹുവാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് അകലെ നിന്ന് എഴുതി വെച്ച ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ വിളിച്ച ഇസ്ലാം എന്നുപോകുന്ന സിർക്കാണ് കാരണം അത് തെറ്റായ ഒരു അടിസ്ഥാനത്തിന്റെ ഒരു അടിത്തറരെ മുകളിൽ പടുത്തുയർത്തപ്പെട്ടതായിരിക്കുന്ന ആശയമാണ് എന്ന് നമ്മൾ ല്ല പഠിപ്പിച്ചത് മഹാന്മാർ എന്താ പറഞ്ഞത് അല്ലാസാനി വളരെ കൃത്യമായി പറഞ്ഞു എന്ന് പറയുന്നത് അള്ളാഹുവിനു പങ്കാളിയില്ല എന്ന് വിശ്വസിക്കലാണ് സവിശേഷതകളിലും മനസ്സിലാക്കണം ും സവിശേഷും പങ്കുകാരില്ല എന്ന് വിശ്വസിക്കലാണ് അതിന് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഷ ചാർത്തിക്കൊണ്ട് അല്ലൂരി നൽകുന്ന ഒരു നിർവചനം ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കലാണ് അതെങ്ങനെയാണ് സമർപ്പിക്കുക അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് തുല്യമായ മറ്റൊരു വിശേഷണവുമില്ല അള്ളാഹുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്വതന്ത്രമായ പ്രവർത്തനങ്ങളാണ് ദൈവികമായ പ്രവർത്തനങ്ങളാണ് അങ്ങേ അച്ച പ്രവർത്തനമാണ് ഒരു പ്രവർത്തനം മറ്റാർക്കും തന്നെ ഇല്ല എന്ന വിശ്വാസം നൽകിക്കൊണ്ടുള്ള ആരാധനം സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം മഹാനായിരിക്കുന്ന ഇവം അക്കാര്യം ഒന്നുകൂടി പറഞ്ഞ ഒരു ഉദ്ധരന് ഞാൻ ഇവിടെ വായിക്കുന്നത് ഇവിടുത്തെ കക്ഷികൾ നടത്തുന്ന തെറ്റായ സൂചന നൽകാൻ വേണ്ടിയാണ് എന്താണ് അദ്ദേഹം കൊണ്ടുള്ള ലക്ഷ്യം ഒരാൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചു കൊണ്ടുള്ള സാക്ഷിത്വമാണ് എന്ന് ബഹുമാനപ്പെട്ട ോ ഇലാഹിന്റെ ഗുണങ്ങളുള്ളതാണെന്നോ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അതേസമയത്ത് ഇവിടുത്തെ ജമാത്ത് ഇസ്ലാമിക്കാരൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞത് എന്താ ജമാത് ഇസ്ലാമിക്കാരൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ടല്ലോ അമീന ഇസ്ലാഹി പ്രസിദ്ധീകരിച്ച പുസ്തകം സിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ എന്താണ് അവർ പറയുന്നത് കൃത്യമായ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് തൗഹീദ് അതേ സമയത്ത് ദൈവം ഒരുപാടുണ്ട് എന്ന് വിശ്വസിക്കലാണ് സിർക്ക് ഇതാണോ തൗഹീദും സുർക്കും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണോ എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ എന്നാണോ യുടെ അർത്ഥം ദൈവം ഒന്നേ ഉള്ളൂ എന്നാണോ അല്ല അല്ലാഹു മാത്രമാണ് ഇലാഹെന്ന് വിശ്വസിക്കലാണ് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു കല്ലിനെ മാത്രം ദൈവമായി കൊണ്ടു ഒരു ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ടെന്ന് സങ്കല്പിക്ക ഒരു കല്ല് മാത്രം ദൈവമാണെന്ന് കൊണ്ടു ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ടെന്ന് സങ്കല്പിക്ക അപ്പൊ അവരും വഹിദീങ്ങളാണെന്ന് വരൂല്ലേ അവരും തൗഹീദി മഹീദരാന്ന് അവരുടെ കാഴ്ചപ്പാട പ്രകാരം ദൈവം ഒന്നുള്ളൂനോ ദൈവം ഒന്നേ ഉള്ളുവല്ലോ അപ്പൊ ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ അല്ലീദ് അമ്പി ആക്കൽ അതിനെപ്പറ്റിയല്ലെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചാണ് തൗഹീദ് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും എന്താണ് ഇലാഹി എന്ന് പറയുന്നത് ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താ ഇലാഹി എന്ന് പറഞ്ഞാൽ അകലെ നിന്ന് കേൾക്കുന്നവൻ എന്നാണോ അല്ലെങ്കിൽ അകലെ നിന്ന് സഹായിക്കുന്നവൻ എന്നാണോ ഉമർമൗലവിൽ ആ ഇലാഹില്ലല്ലോടെ അർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിൽ അയാൾ എഴുതിയത് എന്താ അകലെ നിന്ന് കേൾക്കും അകലെ നിന്ന് മുഹിയദ്ദേവ്ശേഖ സഹായിക്കും എന്ന വിധത്തിലുള്ള അപേക്ഷ ആ അപേക്ഷയെ സംബന്ധിച്ചാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ് ബഹുദൈവ വിശ്വാസമാകുന്നത് യഥാർത്ഥത്തിൽ അതല്ലേ ഇലാഹ് ഒറ്റി റാൻ ഇലാഹേ സൃഷ്ടികർമ്മ നടത്തുന്നവനാണ് ഇലാഹ് ചെയ്യുന്നവനാണ് ഇലാഹ് അപ്പോൾ സൃഷ്ടികർമ്മം നടത്തുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന അന്നദാതാവായ ഒരു ശക്തിയെ സംബന്ധിച്ചാണ് ഇലാഹെന്ന് പറയുന്നത് ഇലാരാണ് പറയുന്നത് ഏറ്റവും പ്രാമാണികമായ ഭാഷാ ഗ്രന്ഥമായ തഹദീബുല്ലുവ മൂന്നാം നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ മഹാനായിരിക്കുന്ന അത് തന്നെയാണ് റബ്ബു എന്നും പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഉടമസ്ഥനെ സംബന്ധിച്ചാണ് റബ്ബ് എന്ന് പറയുന്നത് എന്ന് അല്ലാബിൻ സൂറത്തുൽ ിൽ തന്റെ തസ്സീറിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊ റബ്ബും ഇലാഹും ഒന്ന് തന്നെയാണ് റബ്ബ് വേറെ ഇലാഹ് വേറെ ഈ ഒരു വിവേചനം ഈ ഒരു വിഭജനം അത് ഇസ്ലാമിലില്ല യഥാർത്ഥത്തിൽ റബ്ബും ഇലാഹും ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലാഹ് എന്ന് പറഞ്ഞാൽ അത് റബ്ബാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഇലാഹാണ് അങ്ങനെയുള്ള ആ റബ്ബിന്റെ പദവി അങ്ങനെയുള്ള ആ ഇലാഹിന്റെ പദവിയിൽ ഏതെങ്കിലും മറ്റൊരു ശക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വ്യക്തിയെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വസ്തുവിനെ ചാർത്തുന്നതിനെ വിശ്വസിക്കുന്നതിനെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ നടത്തുന്ന ആ യാചനകളെയും അപേക്ഷകളെയും സംബന്ധിച്ചാണ് ബഹുദൈവ അല്ലെങ്കിൽ ബഹുദൈവ ആരാധന അതല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഇനി നോക്കൂ സഹോദരന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലല്ലയുടെ അർത്ഥം എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ നാലാമത്തെയും ഏഴാമത്തെയും പേജിൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരമോന്നത നേതാവായിരുന്ന ഉമർ മൗലി എഴുതിയത് നമ്മൾ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ തനതായ തൗഹീദിന് നേർ വിപരീതമാണ് ഞാൻ ചുരുക്കി പറയട്ടെ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ആരാധന എന്നാലെന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ചെറിയ രണ്ട് ഹദീസുകളുണ്ട് എന്നിട്ട് അയാൾ പറയുന്നത് ഇബാദത്തിന് അർഹൻ എന്നുള്ളത് അഥവാ ഇരാഹി എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് ും അങ്ങേ അറ്റത്തെ വണക്കവും വിനയവും എന്നാണ് ഇബാദത്തിന്റെ അർത്ഥം ഏറ്റവും അങ്ങേ അറ്റത്തെ വണക്കം ഏറ്റവും അങ്ങേ അറ്റത്തെ വിനയം എപ്പോഴാണ് ഒരാളുടെ വിനയവും വണക്കവും ഏറ്റവും അങ്ങേയറ്റത്തടാവുക മഹാനായ സയ്യിദ് ഹൈദർ അലി ശഹാബ് തങ്ങൾ ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നാൽ നമ്മൾ എല്ലാവരും കൂടി അത് ഏറ്റുനിൽക്കും ഈ സദസ്സം മടങ്ങുന്നേറ്റു നിൽക്കും പക്ഷെ അത് ഏറ്റവും അങ്ങേറ്റതല്ല എന്തുകൊണ്ട് സയ്യിദ് ഹൈദർ അലി ശഹാബ്ദങ്ങൾ ആദരണീയരാണ് പക്ഷേ സയ്യിദ് ഹൈദർ അലി തങ്ങൾ സയ്യിദ് ആണ് തങ്ങളാണ് അവിടെ മേൽപോട്ട് പോയിട്ടില്ല എന്നാൽ ഏറ്റവും മേൽ ചെയ്യുന്ന സ്ഥാനത്തെ പറ്റിയാണ് ഇലാഹെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറം സ്ഥാനല്ല ഏറ്റവും മുകളിൽ ചെയ്യുന്ന സ്ഥാനമാണ് റബ് എന്ന് പറയുന്നത് അതിനപ്പുറം ഇനൊരു സ്ഥാനമില്ല അങ്ങനെയുള്ള റബിന്റെ മുമ്പിൽ ഇലാഹിന്റെ മുമ്പിൽ നടത്തുന്ന വണക്കത്തെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയുന്നത് ഇബാദത്ത് എന്ന് പറയുന്നത് ഇത് എല്ലാ തസീറിന്റെ കിതാബുകളും ഇസ്ലാമിക ലോകം ഒന്നടങ്കം അംഗീകരിച്ച നിർവചനമാണ് എന്ന് നമ്മൾ സുഭിമസ്കരിച്ചു അത് ഇബാദത്താണ് എന്ന് നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് അത് ഇലാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചതായത് അപ്പോൾ ഏറ്റവും അങ്ങേയറ്റുന്ന അതിനപ്പുറം ഇങ്ങനെ പദവിയില്ലാത്ത വിധത്തിൽ സമർപ്പിച്ചതായത് കൊണ്ടാണ് അത് ഇബാദത്തായി മാറിയത് അതേ സമയത്ത് അയാൾ അദ്ദേഹത്തിന്റെ അർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിൽ അയാൾ പറഞ്ഞത് എന്താ അതൊന്നുമല്ല ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു അല്ലേദത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് ൊണ്ട് മറ്റൊരുപാട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് റാസ് ഇമാം പറയുന്നുണ്ട് ഇബാദത്ത് ആണെന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ഒരുപാടുണ്ട് നിസ്കാരം ഇബാദത്താണ് ഹജ്ജ് ഇബാദത്താണ് സക്കാത്ത് ഇബാദത്താണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പരമപ്രധാനമായതാണ് ഇബാദ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് ഒന്നുകൂടി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നടത്തുന്ന വണക്കത്തിനാണ് ആരാധന എന്ന് പറയുക ആ ആരാധനകളുടെ കൂട്ടത്തിൽ ദൈവത്തോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ് പ്രാർത്ഥന എന്ന് പറയുക അതാണ് യഥാർത്ഥം അതാണ് ശരി ഞാൻ അത് ഒന്നുകൂടി ഇമാം റാസി തങ്ങൾ പറയുകയാണ് അൽബക്കര സൂറയുടെ നൂറ്റി എൺപത്തി ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ഇമാം പറഞ്ഞു ിൽ നിന്ന് ആവശ്യങ്ങൾ ചോദിക്കുന്നതിനാണ് എന്ന് പറയുക പ്രാർത്ഥന എന്ന് പറയുക എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിന്റെ അർത്ഥം പുസ്തകത്തിൽ ഉമർ മൗലബി അതിന്റെ ഏഴാമത്തെ പേജിൽ പറഞ്ഞത് എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുമ്പോൾ ഷെയ്ഖ് അത് കേൾക്കുകയും കാര്യം അറിയുകയും ചെയ്യുമെന്നാണ് സുന്നികൾ പറയുന്നത് മാർഗം ഏത് എന്ന് നോക്കിയാൽ അദൃശ്യവും അഭൗതികവും തന്നെ ഇങ്ങോട്ട് സഹായം ലഭിക്കുമെന്നും സുന്നികൾ പറയുന്നു അതിന്റെയും മാർഗം അദൃശ്യവും കേൾവിയും അഭൗതികമായ കാഴ്ചയുമല്ല ഒരു തേട്ടത്തെക്കുന്നത് വിവാദത്താക്കുന്നത് മറിച്ച് മറിച്ച് എന്താണ് റബിന്റെ മുൻപിൽ ിൽ സ്വതന്ത്രമായ ആ ശക്തിക്ക് മുൻപിൽ നടത്തുന്ന വഴക്കത്തിനാണ് വിഭാഗത്ത് എന്ന് പറയുന്നത് ആ വിഭാഗത്തുകളുടെ കൂട്ടത്തിൽ ദൈവത്തോട് നടത്തുന്ന അപേക്ഷയെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇവർ പറയുന്നത് പോലെ പ്രാർത്ഥന എന്ന് വിപാദത്തിന്റെ ഭാഗമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ യഥാർത്ഥമായ സുന്ദരമായ ആശയത്തെ വിവാദത്തിന്റെ നിർവചനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തൗഹീദിന് പുതിയ മറിമായങ്ങൾ ഇവിടെ സമർപ്പിച്ചത് മാത്രവുമല്ല ആത്മാക്കൾ പോലും പൊറത്തു കൊടുക്കാത്ത ഒരു വിഭജനമാണ് വിഷയത്തിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇവിടെ നിർവഹിച്ചത് എന്താണ് അയാൾ പറഞ്ഞത് തൗഹീദ് രണ്ട് വിധമുണ്ട് അമ്പയാക്കൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു തൗഹീദ് അതിൽ നിന്ന് റുബൂബിയുടെ നിങ്ങൾക്കുള്ളൂ ഇനി തൗഹീദിലേക്ക് നിങ്ങൾ കടന്നു എന്ന് പറഞ്ഞ ഒരു വിഭജനം ഒരച്ഛന ബിമാരും ഇവിടെ നടത്തിയിട്ടില്ല മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ എത്രയെത്ര ആയത്തുകളുണ്ട് എത്ര ആയത്തുകളിൽ റബ്ബിലേക്ക് റബ്ബിന് മാത്രം റബ്ബിനെ വിശ്വസിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്ന ആയത്തുകൾ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരാഹു ഒന്നു മാത്രമാണെന്ന് വിശദീകരിക്കുന്ന ആയത്തുകൾ ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചുകൊണ്ട് റബ്ബും ഇരാഹും ഒന്നു തന്നെ വാക്കർത്ഥത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന തത്വത്തിൽ അത് ഒന്നാണ് എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് മുഴുവൻ സൂക്തങ്ങൾ ഉള്ളത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ മാനായിരിക്കുന്ന യൂസുഫ് നബി അലി ഇസ്സലാം ദൗഹീദിലെ ആളുകൾ ക്ഷണിച്ചപ്പോ എന്താ പറഞ്ഞത് لكن يقول <تصفيق> أنه لا يوجد أن يكون هذا الهدف وأنه لا يوجد أن يكون هذا الهدف أرباب متفرقون خير أم الله الواحد القهار وقت ستماعي رب و أكما رانو خير هذا يقول أنه الله وانو خير ربما رحيكا ورى ربما ترمزش سيكنا من نال يوسف ربما رحيكا الانعام صورتنا موتى عربت مالامت آيات مبارسود رسول الله عنو ندا الله تعالى برهامين دي پرنده قل پره يجب أن بيه غير الله أبغير رباه അള്ളാഹു അല്ലാത്ത മറ്റു റബ്ബിനെയാണോ ഞാൻ പ്രാപിക്കേണ്ടത് വഹ്വു റബ്ബുല് അള്ളാഹു ആണല്ലോ എല്ലാ വസ്തുവിന്റെയും റബ്ബ് അപ്പൊ അള്ളാഹു മാത്രമേ റബ്ബുള്ളൂ എന്നുള്ള വിശ്വാസം ആ വിശ്വാസത്തെ അപൂചലുമാർ നിരാകരിച്ചിരുന്നത് അത് അവര് തള്ളിക്കളഞ്ഞിരുന്നത് കൊണ്ടാണ് റബിലേക്കും ഇലാഹിലേക്കും ഒരുപോലെ മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മുസ്ലിക്കങ്ങളെ മുമ്പിൽ സമർപ്പിച്ചത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം സഹോദരന്മാരെ അപ്പോൾ രണ്ടുവിധമുണ്ട് എന്നും അത് ഉലൂഹിയത്തിന്റെ തൗഹീദ് ഇങ്ങനെ രണ്ടുവിധമാണ് എന്നും റുബൂബിയത്തിന്റെ അഥവാ രക്ഷാകർതൃത്വത്തിന്റെ തൗഹീദിൽ മുസ്ലിക്കുകൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്നുള്ള വാദം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഇപിന് തേനിയയാൽ കടത്തിക്കൂട്ടിയ ഒരു പുത്തൻ വാദമാണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ഇപ്പൊ ഏറ്റവും കൗതുകകരമായത് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഒരു തൗഹീദും കൂടി ഉണ്ട് അത്രേ ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അതിന്റെ ഒരു ചെറിയ വിശദീകരണം കൂടി നൽകിയിട്ട് ഞാൻ വാക്കുകൾ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്താണ് ഇവർ ആ തൗഹീദ് ഉദ്ദേശിച്ചത് ഇവിടെ മുജാഹിദുകൾ അവരുടെ രണ്ടായിരത്തി ഒന്ന് ജൂൺ നാല് നാലിന് പുളിക്കൽ മദീനത്തുൽമിൽ ചേർന്ന കേരള ജമ്മീത്തുൽലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ ഈ ലീഫ്ലെറ്റിന്റെ പതിനൊന്നാമത്തെ പേജിൽ അവര് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് അവർ പറയുന്നത് അവര് പറയും തൗഹീദിന് റുബൂബിയത്ത് അൽ സിഫാത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അതു പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് അപ്പോൾ നേരത്തെ ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്ന് രണ്ട് തൗഹീദായിരുന്നു ഇവിടുത്തെ മുജാഹിദുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഇപ്പൊന്നിലെത്തിയപ്പോൾ അവരൊരു പുതിയ തീരുമാനം എടുക്കുകയാണ് ഇനിയും കുറച്ചും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതിന്റെ പേരാണ് എന്ന തൗഹീദ് എന്നവര് പറയുകയാണ് എന്താണ് അവർ ഇത് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ കുറെ ആയത്തുകൾ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൈ അത് അവരുടെ കൈക്ക് മുകളിലാണ് എന്ന് മലയാളത്തിൽ അർത്ഥം പറയുന്ന പ്രയോഗം ഉണ്ട് അപ്പോ എന്താ അവര് പറയുന്നത് ആ യത് എന്ന പ്രയോഗത്തിന് അറബികൾ അവരുടെ ഭാഷയിൽ എന്ത് അർത്ഥമാണോ ഉദ്ദേശിച്ചതെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെ അതിന് വിശ്വസിക്കുക ഞാൻ വെറുതെ പറയല ആരോപിക്കല്ല കൃത്യമായിട്ട് രേഖയുടെ അടിസ്ഥാനത്തിൽ പറയാൻ വായിക്കാൻ സമയമില്ലാത്ത കൊണ്ട് വായിക്കുന്നില്ല എന്താ പറയുന്നത് അള്ളാഹുവിന്റെ ഫൈനമാ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ ദാത്തുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ അവിടെ അള്ളാഹുവിനോട് യോജിച്ച മറ്റർത്ഥമാണ് അതേ സമയത്ത് അവിടെ അള്ളാഹുവിന്റെ മുഖം എന്ന് വജി എന്ന ശബ്ദത്തിന് അറബികൾ അവരുടെ ഭാഷയിൽ എന്തൊരു അർത്ഥമാണോ ഉള്ളതെങ്കിൽ ദി ഫൈസ് ഈ കാണുന്ന മുഖം എന്നാണല്ലോ അറബികൾ അർത്ഥം അതേ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കുക വിശ്വസിക്കുക പിന്നെ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അർത്ഥം അങ്ങനെ തന്നെയാണ് ഈ രൂപത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിനെ പറ്റിയാണ് ഇവർ അള്ളാഹുന്റെ അസ്മാന്റെ ഏകത്വം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ കാലത്തു തന്നെ ഇത്തരത്തിലുള്ള ആയത്തുകളെ സംബന്ധിച്ച് രണ്ടു വീക്ഷണം നിലനിന്നിരുന്നു ഒന്ന് അള്ളാഹു തലാൻ്റെ ഖുർആാനിൽ യതു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുക എന്താണ് അതിന്റെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം കുതിർത്തി എന്നാണോ അള്ളാഹുവിന്റെ ശക്തി എന്നാണോ ഇതൊന്നും നമ്മൾ പറയാൻ പോകണ്ട എന്ന് പറയുന്ന ഒരു വിശ അർത്ഥമൊന്നും വെക്കണ്ട ഒരു അർത്ഥവും പറയണ്ട ഒരു ആശുപത്രി സ്വീകരിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം അതേസമയത്തിൻ്റെ സ്വഹാപത്തിൽ തന്നെ സ്വഹാപത്തിന്റെ കാലത്ത് തന്നെ അതിനെ അള്ളാഹുവിനോട് യോജിക്കുന്ന ഏതെങ്കിലും ഒരു സിഫത്ത് വെച്ച് കൊടുക്കുക അപ്പൊ യതുഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശക്തി എന്നാണ് അർത്ഥം എന്ന് വെക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് സഹാബത്തിന്റെ കാലത്ത് അധിക ആളുകളും അതിന് വ്യാഖ്യാനം പറയാൻ വേണ്ടി പോയിരുന്നില്ല പക്ഷേ അതിന്റെ അറബികളുടെ യഥാർത്ഥ ഭാഷാപരമായ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്ന വ്യാഖ്യാനത്തിൽ എല്ലാവരും ഒന്നിച്ചതായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ യത് അല്ലാഹുവിന്റെ വജ് അള്ളാഹുവിന്റെ രുചില് അല്ലാഹുവിന്റെ സാക്ക് എന്നൊക്കെ പറയുന്ന ഖുര്ാനിലും ഹദീസിലും വന്ന പ്രയോഗങ്ങള് അവയെ അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം വക്കാൻ പാടില്ല എന്ന വ്യാഖ്യാനത്തിൽ അവരെല്ലാവരും യോജിപ്പിലായിരുന്നു അതേ സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആഴമുള്ള വിഷയമാണ് ഇത് ഇവിടുത്തെ മുജാഹിദുകൾ നമ്മുടെ ചെറിയ കുട്ടികളെ വഴി പിടപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ പറയുന്നത് വെറുതെ വെറുതെ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഇവിടത്തെ വളർന്നു വരുന്ന ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഈ പേരും പറഞ്ഞിട്ട് വഴിപിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ നില നമ്മൾ മനസ്സിലാക്കണം എന്താണ് അപ്പൊ അതിന്റെ ഭാഗ്യമായ അർത്ഥം ഇത്തരം വാക്കുകളുടെ അറബി ഭാഷയിലുള്ള പ്രത്യക്ഷാർത്ഥം വെക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ എല്ലാവരും ഏകോപിച്ചതാണ് പിന്നെ ഒന്നും പറയണ്ട എന്നാണോ പറയേണ്ടത് അത് അനുയോജ്യമായ ഒരർത്ഥം കൊടുക്കണം എന്നാണോ പറയേണ്ടത് എന്നതിൽ സ്വഹാവത്തിന് രണ്ട് ധാരുണ്ടായിരുന്നു അതിൽ നിന്ന് ആദ്യകാലത്ത് ഒന്നും പറയാൻ പോകണ്ട എന്നുള്ള ആ ഒരു സരണിയിലായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് ഇവിടെ ഇവിടെ ൾ വന്നപ്പോൾ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കൈ പോലെയാണ് അല്ലാഹുവിന്റെ കാല് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കാല് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജാതിരാജനായ അള്ളാഹുവിനെ സൃഷ്ടികളുടെ അവയവങ്ങൾ ചാർത്തി കൊടുക്കുന്ന തെറ്റായ പിത പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തപ്പോൾ സഹാപത്തിന്റെ തന്നെ രണ്ടാമത്തെ വീക്ഷണമായ അതിനെ അവ അള്ളാഹുവിനോട് യോജിക്കുന്ന സിഫത്തുകൾ കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിന് പ്രബലത കൊടുക്കുകയും അങ്ങനെ നമ്മുടെ ഇമാമിയങ്ങൾ ആ രൂപത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സംബന്ധിച്ചു വന്ന അത്തരം വാക്കുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ട് അംഗീകരിക്കാതെ അറബികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഫൈസ് എന്നാണല്ലോ അവർ മനസ്സിലാക്കിയത് മുഖം അപ്പൊ അങ്ങനെ മുഖം പടച്ചതമ്പുരാനുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ കൈയ്യുല എന്നും കൂട്ടിച്ചേർക്കും അപ്പൊ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുലനം ചെയ്യുന്ന തൗഹീദാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിലെ ഈ ജമ്മിയുൽ തീരുമാനങ്ങൾ എന്ന് പറയുന്ന പുലിക്കൽ മദീനത്തിൽ ഒരുമിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തൗഹീദ്ൽ എന്ന പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ സഹോദരന്മാരെ ഞാൻ പറയുകയുണ്ടായി തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഉസൂലുമായി ബന്ധപ്പെട്ടതാണ് അത് ഇസ്ലാമിന്റെ വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ടതാണ് ആ വിശ്വാസകാര്യം അത് ഹൃദയത്തിൽ വിശ്വസിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു അകലെ ഉള്ള ഒരാളോട് ഇസ്റ്റിവാസ ചെയ്യുന്നത് കൊണ്ടോ ഇസ്ലാമിലെ തൗഹീദ് എന്ന തൗഹീദുമായി ബന്ധപ്പെട്ട ഏറ്റവും പച്ചയായ പരമ യാഥാർത്ഥ്യമായ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംരിക്കുന്നു അലഹദ്രബുല്ല അസലാമലൈക്കും